ഭാരജ്യസ്ഥകാമ സൗരേ ചർഹ കൗസലിസ്ഥാശല ഭാർഗവോ വൈദർഭ്യമന്ദേ കാ തേ ഹേ ബ്രഹ്മപരാ ന്വേഷമാണ വൈത്തസം വക്ഷ്യത്തിനയോ ഭഗവന്ത ശിരുവാചൂവേബ്രഹ്മചര്യ ശ്രദ്ധയാവത്സരം സംവസ്ഥ നിങ്ങാസ്യാമ എനിക്കറിയാമെങ്കിൽ ശ്രമമോ നിങ്ങൾക്ക് എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം യതീ തദ്ഷ്മപൃ്ഠം വിജ്ഞാസ്യാമോ അനുദ്ധത്തത്വ പ്രദർശനാർത്ഥവും യഥിശത്ത് പ്രശ്നനിർണ്ണയാതീയത അപ്പോ എനിക്കറിയാമെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്റെ അജ്ഞാനത്തെ അല്ലെങ്കിൽ തന്റെ സംശയത്തെ ഒന്നും പ്രകാശിപ്പിക്കയില്ലാദിനെ സംബന്ധിച്ച് യുവതി ചോദിക്കുന്ന കാര്യങ്ങളൊന്നും യാതൊരു സംശയമില്ല എന്നാലും പറയുന്നു എനിക്കറിയാം എങ്കിൽ പറഞ്ഞുതരാം ഒരു ഗുരു എന്താ അങ്ങനെ പറയുന്നത് അതങ്ങനെ പറയാൻ പാടുണ്ടോ അപ്പോ ഗുരുദിന സംശയമുണ്ട് എനിക്കറിയാം എങ്കിൽ എന്ന് പറയുന്നു തന്റെ അറിവിനെ കുറിച്ച് ഗുരുവിന് അതിനെ സംശയമുണ്ടെങ്കിൽ തൻ്റെ അറിവിനെക്കുറിച്ച് സംശയമുള്ള ഒരാൾ അങ്ങനെ ഗുരുവാകും അങ്ങനെ അല്ല എങ്കിൽ ശരി നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം എന്നുള്ളൊരു ഭാവത്തിൽ ഇരിക്കണം എനിക്ക് പരിഹരിക്കാൻ വയ്യാത്ത ഒരു സംശയം അവശേഷിക്കുന്നു ഞാൻ അറിവ് നിറഞ്ഞിരിക്കുന്ന ആളാണ് പൂർണനാണ് അങ്ങനെ ഒരു ഭാവത്തിൽ ഇരിക്കേണ്ടതല്ലേ ഭാഷിക്കാനു വിശദീകരിക്കുന്നു അജ്ഞാന സംശയാർത്ഥ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഗുരുവിൽ അജ്ഞാനം സംശയം തുടങ്ങിയ ദോഷങ്ങളൊന്നും ആരോപിക്കരുത് ഇത് എന്തിനാ അങ്ങനെ പറഞ്ഞത് എനിക്കറിയാമെങ്കിൽ എന്ന് ത്വദ്ധത്വം അറിവിലുള്ള ദുരഭിമാനം എന്ത് സംശയം ഞാൻ പരിഹരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിവങ്ങോട്ട് നിറഞ്ഞിരിക്കുന്ന ആളാണ് പൂർണനാണ് എന്നൊക്കെയുള്ളൊരു അഹന്ത അയാളുടെ ഉള്ളിലുണ്ടെന്ന് വരും അപ്പോൾ അറിവുണ്ട് പക്ഷെ ഞാൻ അതിൽ അഭിമാനിക്കുന്നില്ല അതുകൊണ്ട് ആരുടെയും എന്തൊരു സംശയം പരിഹരിക്കാമെന്നുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല അറിയാമെങ്കിൽ പറഞ്ഞുതരാം അറിവില്ലാത്തതുകൊണ്ടല്ലോ അത് പറയുന്നു അവിടെ അജ്ഞാനമോ സംശയമൊന്നുമില്ല എങ്കിലും അത് അറിവിൻ്റെ അടയാളമാണ് അറിവിനെ സംബന്ധിച്ച് അഹന്ത ഇല്ലാതിരിക്കുക പറയുന്നത് അറിവിൻ്റെ ലക്ഷണമാണ് ആ അഹന്താരാഹിത്യത്തെ ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം പിള്ളാതെന്നങ്ങനെ അറിവിൽ പൂർണനാണ് അതുകൊണ്ടാണ് ആ അറിവിൽ അഹന്തയില്ലാതിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഭാഷകാരൻ ഞാൻ വിശദീകരിക്കുന്നു അധ കബന്തി ഭഗവൻ കുതൂവ കുത്തോഹ വജായ അടുത്താദ്യം കബന്ധി എന്നു അറിയപ്പെടുന്ന കാത്യനും ചോദിച്ചു ഭഗവൻ അല്ലയോ മഹാത്മൻ ഈ പ്രജകളെല്ലാം എവിടുന്നാണ് ഉണ്ടാകുന്നത് ജിജ്ഞാസാവസര അസംഗതമേവാര്യക്തീവത്രീ തൈരാഗ്യാർത്ഥം ഇതമ ഇങ്ങനൊരു ചോദ്യം എന്താണ് വലിയ ആത്മതത്വത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവര് ആത്മതത്വത്തെക്കുറിച്ച് ഉപദേശിക്കുന്നവരാടുത്ത് തന്നിട്ട് ഈ എന്തെല്ലാം എവിടുന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഒരു സാമാന്യമായൊരു ചോദ്യം ആർക്കും ജിജ്ഞാസ ഉണ്ടാവും ഇതൊക്കെ എങ്ങനെയുണ്ടായെന്ന് അങ്ങനെയൊരു ചോദ്യം എന്തുകൊണ്ടാണ് ചോദിച്ചത് പരബ്രഹ്മ ജിജ്ഞാസ അവസര അസംഗതമേ അങ്ങനെയൊരു ചോദ്യം ഈ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ ഈ നിസ്സാര പ്രശ്നങ്ങളൊന്നും വലിയ പ്രസക്തിയുള്ളതല്ലെന്നും എന്നാണ് ചോദിച്ചു എന്തിനു ചോദിച്ചു കാരണം അതിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ് കേവല കർമ്മകാരി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സമുച്ചിത കർമ്മകാരിയാച്ച വിരക്തീവത്ത അപ്പം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുന്നതാണ് കർമ്മകാര്യങ്ങൾ പിന്നെ ജ്ഞാനകർമ്മ സമുച്ചിതമായ വ അവയുടെ ഫലം അതിനൊന്നും താല്പര്യമില്ലാത്തവനാണ് കർമ്മഫലങ്ങളിൽ ഉപാസനാഫലങ്ങളിൽ താല്പര്യമില്ലാത്തവനാണ് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി അപ്പൊ അതിന് ഇനി ഒരാളുടെ ഉള്ളിൽ അതിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കർമ്മത്തിലോ ഉപാസനയിലോ താല്പര്യമുണ്ടെങ്കിൽ അതിൽ വിരക്തി ഉണ്ടാക്കണം അത് ഒന്നും വൈദികന്മാർക്ക് അതിൽ താല്പര്യം ഉണ്ടാകുമല്ലോ ഒരുപാട് പുലോഭിപ്പിക്കുമ്പോൾ സ്വർഗ്ഗകാമോ അജേത എന്ന് നാം പറയുന്നു അപ്പോൾ ആ താൽപ്പര്യത്തെ കർമ്മ ഉപാസന ഫലങ്ങളിലുള്ള താല്പര്യത്തിൽ നിന്ന് അവരുടെ മനസ്സ് പിന്മാറണം നല്ല ആത്മനിഷ്ഠ എന്ന് പറയുന്നത് കൈവരിക്കത്തുള്ളു മറിച്ചാണെങ്കിലും സാധ്യമല്ല അപ്പോൾ അത് വിവേക വൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ ഒരുവന്റെ ഉള്ളിലുണ്ടാകും നല്ല മനസ്സുറയ്ക്കത്തുള്ളു ഇതിൽ ിൽ മനസ്സ് വിക്ഷിപ്തമായി ബഹർമുഖമായി കർമ്മങ്ങളിലും ഉപാസനകളിലും എല്ലാം പ്രവർത്തിക്കും അതിന്റെ ഫലങ്ങൾ ആഗ്രഹം ദൃഢമാകും പിന്നെ തത്വവിചാരത്തിൽ പ്രവർത്തിക്കും അപ്പം അതിനുവേണ്ടി മാത്രം ഇതൊക്കെ അനിത്യമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അത് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടാമത് സാധാരണ എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് എന്താണ് കുത്തോ ഹിമാജാ പ്രജാ ഈ പ്രജകളെല്ലാം എവിടുന്ന ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടിയൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആ സൃഷ്ടിയുടെ കാരണം എന്താണ് ഇങ്ങനെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള കാര്യകാരണ രൂപത്തിലുള്ള ഒരു പഠനം അതാണ് ഇവിടെ ശ്രുതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു ചിലർക്ക് ാണ് പറയുന്നത് പ്രതി ഒറ്റോട്ടം തോന്നും ഇവിടെ എന്താണോ ഇവിടെ സൃഷ്ടിയെ കുറിച്ച് എന്തോ കാര്യം നോടെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് തഥാവി തയോജന ഭാവ സൃഷ്ടിക്ക് വ്യാജേന പരവിദ്യാഫലമേ പാത്രവെച്ചേ പറയുന്നു അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചിട്ട് കാര്യം കാരണം ബന്ധത്തിൽ പഠിച്ച് ഒരിക്കലും തീരാത്ത അവസാനമില്ലാത്ത ഒരു പഠനം ആ പഠനം കൊണ്ടൊരാൾക്കൊരിക്കലും കാരണം അത് പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും സൃഷ്ടിക്കൊരു കാരണത്തെ കണ്ടുപിടിക്കുമ്പോൾ പറയുമോ അതല്ല കാരണം ഇനി മറ്റൊരു കാരണമാണ് അത് കണ്ടെത്തുമ്പോൾ മറ്റൊരു കാരണം സൃഷ്ടി തന്നെ അനാദിയാണ് ആദിയില്ലാത്താണ് അപ്പോൾ അതിൻ്റെ കാരണത്തെ അന്വേഷിക്കാൻ പോയാൽ അതും അനാദിയായി പോകും അന്വേഷിക്കുന്നവന് ഒരിക്കലും ചിത്തവിശ്രാന്തി എന്ന് പറയുന്ന ഉണ്ടാകത്തില്ല ആധ്യാത്മികമായി എന്താ വേണ്ടത് മനസ്സിന്റെ ശാന്തി ചിത്രത്തിന്റെ സ്വച്ഛത അതൊക്കെ വേണ്ടത് അപ്പോൾ നിരന്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇവിടെ മനസ്സിനൊരു സ്വസ്ഥത വരുന്ന ഇവിടെ ആ പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ ഭൗതികമായ പ്രയോജനങ്ങളുണ്ടാകും ആത്മീയ ശാന്തി അതുകൊണ്ടുണ്ടാകത്തില്ല അതാണ് സൃഷ്ടിപ്തി വ്യാജേന അത് പ്രയോജനാഭവം അതുകൊണ്ട് പ്രയോജനമില്ല പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ എന്താ ആധ്യാത്മികമായ പ്രയോജനം ആദ്യ ഭൗതികമായോ ആദി ദൈവികമായോ ഒക്കെ എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടാകും അതെന്ന് ശരിക്കുന്നു ഇവിടെ ആധ്യാത്മിക പര വിദ്യയുടെ പ്രകടനമാണ് ആധ്യാത്മികമായ പ്രയോജനം എങ്ങനെ ചിത്തശാന്തമാകും അതിങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചൊന്നും ശാന്തമാകത്തില്ല അവസാനം ഉണ്ടാകത്തില്ല പഠിത്തത്തിന് അവസാനം ഉണ്ടാകത്തില്ല അതുകൊണ്ടെന്താണ് പ്രയോജനമില്ലാതുകൊണ്ട് സൃഷ്ടിക്ക ഇവിടെ സൃഷ്ടിയെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് മൊത്തത്തിൽ പനിഷത്തിന് വേണ്ടി പറയുന്നു നമുക്കങ്ങനെ തോന്നിപ്പോ എന്തോ സൃഷ്ടിയുടെ രഹസ്യം പറയാണ് ലോകം ഉണ്ടായതെങ്ങനെയെന്ന് ഋഷിന്മാർ കണ്ടുപിടിച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ പരവിദ്യാഫലം ഇവിടെ അതിൻ്റെയൊക്കെ പ്രയോജനം എന്താണ് പരവിദ്യയുടെ ഫലം എന്താണെന്ന് ഇവിടെ ബോധിപ്പിക്കുകയാണ് പരാവിദ്യയുടെ ഫലം എന്താണ് കൃത്യകൃത്യത അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ സൃഷ്ടിയെക്കുറിച്ച് <coughs> सहो प्रजा कामो തസ്മ സഹോ പ്രമോ വൈ പ്രജപതി തപോ അതപ്യത സപിഥനമുത്പാദയത് വഞ്ചപാണ എതോ प्रजा ബഹുധ പ്രജ്യത ആദിത്യഹ വൈ പ്രാണോരേ ചന്ദ്രമായർവാ എത്തൂർ അമൂർത്തഞ്ചസ്മൂർത്തിരേവതി പ്രാചീം പ്രവിശതി തന്നാൻ രശ്മഷു സിദ്ധത്തെ യുദ്ദക്ഷിണ യ്രതീചം യുതീചം യഥോ യൂർധം ദിശോ യം പ്രകാശയ തന്നാ രശ്മു സിദ്ധത്തെ സേഷ വൈശ്വാ വിശ്വരാണോ അഗ്നിരുദയത തദ്തൃ അഭ്യുക്ൂപംരി ജാതവേദസമ്പായോതിരെക്രലശി ശതധാവർത്തനുദ്ദേഷ സൂര്യ സംവത്സരോ വൈ പ്രജ दक्षिण उइ ततिपूर्ति ते चांद्रमसमेंजय तुनरावर्तन्षय प्रजाकाम दक्षिण प्रतिप्य ൈരൈ പിതൃയ അഥ ഉത്തരേ തപസ ബ്രഹ്മചര്യണയാ വിദ്യാത്മാനമന്ഷ്യ ആദിത്യജയന്തി പ്രതം എന്തയം എതത്പരാണം യസ്മാ പുനരാവർത്തേഷ നിരോധ തദ്ദേഷ ശ്ലോക പഞ്ച പാദം പീതരം ദോദാകൃതി പരേ അർ പുരീഷണമേ അനേ ഓ പേ വിചക്ഷണം സപ്തക്േ ഷടര ആഹുരർപ്പതി മാസോ വൈ പ്രതി തയ്യണപക്ഷ ശുക്ല പ്രണ തസ്മാത് എയ ശുക്ല ഇഷ്ടം ഇതോരാത്രോ വൈ പ്രതി അഹരേ പ്രണോ രാത്രിരേ േഹ വൈ വ്രതം ചരന്തിഥുനമുത്പാദയന് തപോ ബ്രഹ്മചര്യ സത്യം പ്രതിഷ്ഠം അസൗ വിരജോ ബ്രഹ്മലോകോ ജിഹ്നം അനർദം നയാ ചേതി ഇതുവരെ ഒന്നാമത്തെ പ്രശ്നമാണ് ചോദ്യം ഇതിൽ പറയുന്നതെല്ലാം ഉപാസനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കർമ്മത്തെക്കുറിച്ച് ജ്ഞാനകർമ്മ സമുച്ചയത്തെക്കുറിച്ച് അതിന്റെ ഫലത്തെക്കുറിച്ച് കേവല കർമ്മത്തിന്റെ ഫലമായ സ്വർഗലോകപ്രാപ്തി ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ ഫലത്തെക്കുറിച്ച് ബ്രഹ്മലോക പ്രാപ്തി ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് നമ്മൾ പല സന്ദർഭങ്ങളിലും ഉത്തരായണ ദക്ഷിണായന മാർഗ്ഗങ്ങളെക്കുറിച്ച് ഗീതയിലും മറ്റും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ വിശേഷത്തിൽ മനസ്സിലാക്കാനൊന്നുമില്ല പിന്നെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല വ്യാഖ്യാനങ്ങൾ ഏതെങ്കിലുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കത്തക്ക കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഉപാസന എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് പ്രയോജനമില്ലാത്തതാണ് ആരും ഉപാസിക്കാറുള്ളത് ഇവിടെ എന്താ പറയുന്നത് പ്രജാപതി തപസ്സനുഷ്ഠിച്ചു എന്നാണ് അപ്പോൾ ഈ പ്രജാപതി പ്രജാപതിയെ കുറിച്ച് ഭാഷ്യകാരം പറയുന്നത് പ്രജാ കാമഹ പ്രജാപതി പ്രജകളെയൊക്കെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച പ്രജാപതി ഈ ലോകത്തിനെ സൃഷ്ടിക്കുമെന്ന് ആരാണ് ഈ പ്രജാപതി അതറിഞ്ഞിരിക്കുന്നത് അത് പല ഭാഗത്തിലും വരുന്നതുകൊണ്ട് പ്രജാപതി അഹം സർവാത്മേത്തി ഉപാസനകാലീന പ്രജാപതി ഭാവനായുക്താണ് ഞാൻ സർവാത്മാവാണ് എന്നുപാസിക്കുന്നു അങ്ങനെ ഉപാസനയുടെ ഫലമായി ഈ കല്പത്തിൽ അങ്ങനെ കഴിഞ്ഞാൽ അടുത്ത കല്പത്തിൽ പ്രജാപതി ആയിത്തീരുന്നു സൃഷ്ടി നടത്തുന്നതിനുള്ള അധികാരവും യോഗ്യതയൊക്കെ ഉള്ള ഒരു ജീവനായി മാറും അതാണ് പ്രജാപതി പൂർവകല്പി തദ്ഭാവ ഭാവിതഹ ഏത് കൽപാതോ ഹിരണ്യഗർഭാത്മനാ നിവൃത്ത ഇവിടെ ഹിരണ്യഗർഭൻ പ്രജാപതി എന്ന് പറയുന്നത് രണ്ടായിട്ട് പറയുന്നുണ്ട് ചില സ്ഥലങ്ങളെ രണ്ടായി പറയും ഇവിടെ പറയുന്നു ആ പ്രജാപതി തന്നെയാണ് ഹിരണ്യഗർഭനെന്ന് പറയുന്നത് അങ്ങനെ ആയിത്തീർന്നു സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടി അനാദിയാണ് അതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭം എന്ന് വെച്ചാൽ ഈ കല്പത്തിന്റെ ആരംഭത്തിൽ തപ്പോ അതപ്യത തപസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പറയുന്നത് തപ്പ ജന്മാന്തര ജ്ഞാനം ശ്രുതി പ്രകാശിത അർത്ഥ വിഷയ അതപ്യത ആലോചിത ആലോചിച്ചു ചിന്താദിന തത്സംസ്കാരം ഉദ്ബോധ്യ ജ്ഞാനം ഉത്പാദിതവ അപ്പോൾ ഈ ജന്മത്തിൽ ഉപാസനകളെല്ലാം ചെയ്തു കൽപ്പാന്തത്തിൽ പ്രകൃതിയിൽ വീണ്ടും അടുത്ത കൽപ്പത്തിന്റെ ആദിയിൽ വിശേഷ ജ്ഞാനശക്തി ഐശ്വര്യങ്ങളോടുകൂടി ഹിരണ്യഗർഭ അല്ലെങ്കിൽ പ്രജാപതി പ്രകടമാകുന്നു പ്രകടമായി അപ്പോൾ ശ്രുതി ആ പ്രജാപതിക്ക് പ്രകടമാകുന്നു ജ്ഞാനം ശ്രുതി എന്ന് പറയുന്നത് ജ്ഞാനം വേദം അറിവ് എന്തിനെ സംബന്ധിച്ചുള്ള അറിവ് സൃഷ്ടിയെക്കുറിച്ചും മറ്റുള്ള അപ്പോൾ ആ ബലത്തിൽ അറിവിനെ ആസ്വരിച്ച് ചിന്തിച്ച് പറയുന്നു ചിന്താദിനാ അപ്പോൾ പൂർവ്വജന്മത്തിലെ സംസ്കാരമല്ല ഉണർന്നു വന്നു പ്രജാപതിക്കും സംസ്കാരമെല്ലാം ഉണ്ട് മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും എല്ലാ സംസ്കാരം എല്ലാം ഉണർന്നു വന്നു ജ്ഞാനമുണ്ടായി അങ്ങനെ സൃഷ്ടി ആരംഭിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താ സൃഷ്ടിച്ചത് രയിംച്ച പ്രാണം ച ഇവിടെ പറയുന്നത് സൂര്യനേയും ചന്ദ്രനേയും സൃഷ്ടിച്ചു ഭർത്താവിനെയും അന്നത്തെയും സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടി നടക്കുന്നു എന്നിട്ട് അവിടെ ആദിത്യൻ എന്താണ് അത് പ്രാണൻ തന്നെയാണ് അത് തന്നെയാണ് സർവ പ്രാണി ശരീരത്തിലും വൈശ്വാന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് സ്ഥൂലവും സൂക്ഷ്മരൂപത്തിലും സ്ഥിതി ചെയ്യുന്നത് തന്നെ അത്താവായും അന്നമായും സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് പ്രാധാന്യത്തെ കൊടുത്തിടത്ത് പറയുന്നത് ആണ് സേശേഷ വൈസ്വാൻ ഒരു വിശ്വരൂപ പ്രാണോ അത് തന്നെയാണ് അഗ്നിയായിരിക്കുന്നത് ആ രൂപത്തിലെല്ലാം ഈ പ്രഥമ ജീവനിൽ നിന്നും സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു വികാസമായിട്ടാണ് കാരണം ആ പ്രജാവതിയുടെ ചിന്ത കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്ന ഒന്നാണ് സൂര്യചന്ദ്രന്മാരും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൽപ്പെടാത്ത ഒന്നുമില്ല അതിൽ പ്രാണന്റെ മുഖ്യമായ രൂപമാണ് ആദിത്യൻ അതുകൊണ്ട് ആദിത്യത്തിന് ഇവിടെ പ്രാധാന്യം കൊടുത്തു പറയും അങ്ങനെ ആ സൃഷ്ടിയിൽ പറയുന്നു തദ്ദേശ അതിൽപൂർത്ത കർമ്മങ്ങൾ ചെയ്യുന്നവര് ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ എല്ലാ കർമ്മങ്ങളും അതിൽപ്പെടും എന്തുകൊണ്ട് അഗ്നിഹോത്രം തപസ് സത്യം അഗ്നിഹോത്രം ഇന്നില്ലെങ്കിലും തപസ്സുണ്ടല്ലോ സത്യം വേദാനാം അനുപാലനം വേദാധ്യയനം അല്ലെങ്കിലും ആതിഥ്യം അതിന്നുണ്ട് വൈശ്വദേവൻ ഈശ്വ ദേവന്മാർ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഇഷ്ടകർമ്മങ്ങൾ അത് ചെയ്യുന്നു പിന്നെ പൂർത്തമെന്ന് പറയുന്നതെന്നാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സേവന കർമ്മങ്ങൾ എന്തൊക്കെയാണത് പാപ്പി പൂപ തടാകാതി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ പണ്ട് ചെയ്യാൻ ഇന്നത്തെ പോലെ ഉള്ള കാര്യങ്ങളൊന്നും പണ്ടില്ലായിരുന്നു നമ്മൾ പൊതുവെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാണ് വാപ്പി കൂപ്പ തടാകങ്ങൾ കുളം കുഴിക്കുക തടാക കൃഷിക്ക് വേണ്ടി തടാകങ്ങൾ ഉണ്ടാക്കുക വഴിയാത്രക്കാർക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കൂപ്പങ്ങളുണ്ടാക്കുക മൃഗങ്ങൾക്കും മറ്റും വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് മാഫി ഉണ്ടാക്കുക ഇതൊക്കെ ആയിരുന്നു പഴയകാലത്തെ സാമൂഹ്യ പ്രവർത്തനം പിന്നെ ദേവത ആയത്തനാനിച്ച ക്ഷേത്രങ്ങളും മറ്റും അവിടെ ദേവതാ പ്രതിഷ്ഠ ഒക്കെ നടത്തുക ജനങ്ങൾക്ക് ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അന്നപ്രധാനം വിശക്കുന്നവർക്കെല്ലാം അന്നം കൊടുക്കുക ആരാമ അവർക്ക് ആരാമങ്ങളും മറ്റും ഉണ്ടാക്കുക ജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും മറ്റും ഇങ്ങനെ പൂർത്തകർമ്മങ്ങൾ അപ്പോൾ ഈ പ്രജകൾ ഇങ്ങനെ സൃഷ്ടിയിലേക്ക് വന്ന് അവർ പലതരത്തിലുള്ള കർമ്മം ചെയ്യുന്നുണ്ട് അതിൽ വീണ്ടും ഉണ്ട് എന്താണ് ദത്തം ശരണാഗതസന്ത്രാണം കർമ്മം ഇത് പറയുമ്പോൾ ഇന്നത്തെ എല്ലാ കർമ്മവും വരും എല്ലാ വൈദ്യ കർമ്മങ്ങളും മാത്രമുണ്ട് ആരെങ്കിലും ആശ്രയിച്ച് സഹായം ആശ്രയിച്ചു വന്ന് അവരെ സഹായിക്കുക ഏത് തരത്തിലുള്ള സഹായം അവർക്ക് കൊടുക്കും ശരണാഗതന്മാരെ സന്ത്രാണം ചെയ്യുക അതാണ് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ് ഒരാൾ ദുഃഖി അവ വന്നു കഴിഞ്ഞാൽ അയാളുടെ ദുഃഖം മാറ്റുന്നതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ എന്താ പറയുന്നത് ദത്തം ബഹുദാനാൻ ച് അഹിംസൽ അങ്ങനെ ചില വ്രതങ്ങൾ സ്വീകരിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ഹിംസിക്കാതിരിക്കുക അതൊരു മാനസികമായ കർമ്മമാണ് പിടിപ്പിക്കാതിരിക്കുക ബഹുരു വേദികം ദാനം ചെയ്യുക സാധാരണ യാഗത്തിൽ ദാനം ചെയ്യാറുണ്ട് അതുപോലെ എല്ലാവരും എല്ലാവർക്കും യാഗത്തിൽ വന്ന് ദാനം സ്വീകരിക്കുന്നതിനുള്ള അർഹതയില്ല അതുകൊണ്ട് ബഹിർദാനം ബഹിർവേദി ദാനം എന്ന് പറയുന്നത് ഇന്നത്തെ ദാനം ഇവിടെ യാഗമൊന്നുമില്ലല്ലോ അർഹതയുള്ളവർക്കെല്ലാം എന്താണവർക്ക് വേണ്ടത് കൊടുക്കുന്നത് അന്നമാണോ വസ്ത്രമാണോ മറ്റെന്തെങ്കിലും സമ്പത്താണോ വിദ്യയാണോ എന്തൊക്കെയാ ചെയ്യാമോ അതല്ല അതാണ് ബഹിർവേദി ദാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദാനം ഇതൊക്കെ ദത്തം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സർവകർമ്മങ്ങളും പരോപകാരാർത്ഥം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ ദത്തത്തിൽപ്പെടും ഇതിന് രണ്ടും വന്നു വൈദികമായ സ്മാർത്ഥമായ കർമ്മങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്കോ ചാന്ദ്രമസമയപ ലഭിക്കും അഭിജയന്തി അവർ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും പുന രാവ് തീർച്ചയായും തിരിച്ചു ലോകത്തിന് നന്മ ചെയ്തു കഴിഞ്ഞാല് ജനന മരണങ്ങളിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ പറയുന്നു ബുദ്ധിമുട്ടാർക്കും തോന്നുന്നു അപ്പൊ വേറൊരു കാര്യം നമ്മളവിടെ ആലോചിക്കുന്നു ഇത് പറയുന്നു അപ്പോൾ കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം ഇതേ കർമ്മങ്ങൾ തന്നെ ഈശ്വരാർപ്പണമായി ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് ചിത്തശുദ്ധിയിലൂടെ ഞാൻ പ്രാർത്ഥിക്കുവാതിരിക്കും അതിവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ട ചെയ്യാൻ അധികാരിയായിരിക്കുന്ന ഗ്രഹസ്ഥനാണ് പ്രജാ ആയിരിക്കുന്നവൻ എന്ന് പറയുന്നു അവർ ഋഷിമാരാണ് ഋഷിമാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഋഷിയെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങ് അറ്റ വ്യക്തിവരാണെന്നൊന്നും എടുക്കണ്ട ഋഷിമാർ തന്നെ പ്രജാകാമന്മാരുണ്ട് അവരിത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ചന്ദ്രമസം ചന്ദ്രലോ എന്നൊരു സ്വർഗം അവിടെ പോയിട്ട് ദക്ഷിണം പ്രതിബദ്ധ ദക്ഷിണായനമാർഗത്തിലൂടെ പോയി തിരിച്ചു വരുന്നു ഇതിനാണ് പിതൃയാണോ എന്നും പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചല്ല പറയുന്നത് സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് അതുകൊണ്ട് അതിൽ നിന്ന് വിരക്തി ഉണ്ടാകാൻ വേണ്ടി പറയണം ഇനി അഥവാ തപസ് ബ്രഹ്മചര്യാണ് ശ്രദ്ധയ വിദ്യയല്ല തപസ് ബ്രഹ്മചര്യം ശ്രദ്ധ വിദ്യ ഗൃഹസ്ഥ കാര്യം പറയുകയാണ് അവർക്ക് ആത്മജിജ്ഞാസയുണ്ട് അവർ രണ്ടും ചെയ്യുന്നു തപസ് ബ്രഹ്മചര്യം എന്നെല്ലാം പറയുന്ന കർമ്മത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് വിദ്യ എന്ന് പറയുന്നത് ഉപാസനയാണ് അതിനുവേണ്ടെന്നാണ് ശ്രദ്ധയും മറ്റ് അവരെന്ത് ചെയ്യുന്നു ആദിത്യം ആദിത്യ ലോകത്തെ പ്രാപിക്കുന്നു ഉത്തരായണം ആ ലോകത്തെക്കുറിച്ച് ഏത് പ്രാണാനാം ആയുധനം ഏത് സമ്മർദ്ദം അഭയം ഏത് പരായണം ഏത് സ്മന്ദ പുനരാവർത്ത അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരുന്നില്ല യേശു നിരോധ ഇത് അവസാനമാണ് അവിടെ എത്തിയാൽ പിന്നെ അവിടെ നിന്നവർ അവിടെ ഇരുന്ന് തന്നെ അതില് അവിടെ നിന്ന് തിരിച്ചു വരുമെന്ന് പറയുന്നതുകൊണ്ട് പക്ഷേ ഇതെല്ലാം പൂർണമാക്കിയവർ അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരുന്നില്ല എന്നർത്ഥം ോകത്തെ കുറിച്ചും പറഞ്ഞു ദേവലോകത്തെ കുറിച്ച് പറഞ്ഞു ആദിത്യലോകത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ സൃഷ്ടിയിൽ ആദ്യമായി വന്ന ഈ ആദിത്യൻ ചന്ദ്രനും അവര് തന്നെ കാലരൂപത്തിൽ ആദിത്യനും ചന്ദ്രൻ ആശ്രയിച്ചാണല്ലോ നമ്മൾ കാലത്തെ കണക്കാക്കുന്നു അവർ കാലരൂപത്തിൽ നിന്നുകൊണ്ട് ഈ സൃഷ്ടി ചക്രത്തെ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ ഈ സൃഷ്ടിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വേദത്തില് പറയുന്ന കർമ്മങ്ങൾ സ്മൃതികളിൽ പറയുന്ന കർമ്മങ്ങൾ മറിച്ച് ലൗകികമായ കർമ്മങ്ങൾ ഇതിലെല്ലാം മുഴുകിയിരിക്കുന്നവർക്ക് മുക്തിയില്ല അതുകൊണ്ട് എന്താണ് താൻ ചെയ്യേണ്ടത് ശ്രേഷ്ഠമായിരിക്കുന്നത് ഇതെല്ലാം അനുഷ്ഠിച്ചിങ്ങനെ പോകുന്നതാണോ അല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അവിടെ പിന്നെ കാലത്തെക്കുറിച്ചുകൂടി വിശദീകരിക്കുന്നു അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടിവിടെ പറയുന്നു അത് കർമ്മങ്ങൾ ചെയ്യുന്നവർ അതിന്റെ ഭാഗമായി ഈ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ചിന്തിക്കുന്നതിനാണ് വിദ്യ എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നു അവർക്ക് ഫലത്ത കൊടുക്കുന്നു എന്നാണ് അതിൽ ഭാഷകാരം പറയുന്നു യസ്തു പുനരാദിത്യോപലക്ഷിത ഉത്തരായണ പ്രാണാത്മഭാവോ വിരജ ശുദ്ധോ ചന്ദ്ര ബ്രഹ്മലോകവത് രജസ്വതോ ബുദ്ധിക്ഷയാതിയുക്തോ അസുഖാം ഞാരാണോ ഉത്തരാണത്തിലൂടെ അവര് പ്രാണോപാസകന്മാര്ക്കുറിച്ച് ഇനിയും പറയും അവർ ശുദ്ധന്മാരായി മാലിന്യമില്ലാത്ത പോലെ മനസ്സിന് മാലിന്യമില്ലാത്തവരായി അവരവിടെ എത്തിച്ചേരുന്നു യഥാഗ്രഹസ്ഥാന അനേകവിരുദ്ധ സമവഹാര പ്രയോജനവത് ജിഹ്മം കൗടില്യം വക്രഭാവോ അവശ്യം ഭാവി തഥാന യേശു ജിഹ്മം ആരാണോ ബ്രഹ്മചൈര്യവ്രതത്തെ അനുഷ്ഠിച്ച് ഇത്തരം കർമ്മങ്ങളിലൊന്നും മുഴുകാതെ ഇരിക്കുന്നവർ അവര് കൗടില്യം वक्रभाव, ബുദ്ധിയുടെ വക്രഭാവം അതൊന്നും ഇല്ലാത്തവരായി എന്നിട്ടിവിടെ പറയുന്നു ഗ്രഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല ഗ്രഹസ്ഥനെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവരും അതാണ് ഈ കർമ്മത്തിനോട് ഇവിടെ ഇത്രയും വലിയ വിരോധം കാണിക്കുന്നതെന്ന് കർമ്മത്തിൽ വ്യവഹാരത്തിലിരിക്കുമ്പോൾ ഇതെല്ലാം അതിനോടൊപ്പം വരും വക്രഭാവം മനസ്സിൽ വരും കാരണം താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായി ചെയ്യണമെങ്കിൽ അപ്പോൾ ആ കർമ്മത്തിന്റെ യോഗക്ഷേമങ്ങളെ കുറിച്ച് അതെനിക്ക് ചിന്ത വരും അതിനെ സംരക്ഷിക്കണം അതിനെ നിലനിർത്തണം അപ്പോൾ അതിനുവേണ്ടി ചില വക്രതകളൊക്കെ പറയും മനസ്സിലത് കടന്നുവരും ഗൃഹസ്ഥനെ സംബന്ധിച്ച് കർമ്മമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കർമ്മത്തെ ഉപേക്ഷിക്കുന്ന മാർഗത്തിൽ പോകാൻ പറയും ഈ വക്രതയും മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ എല്ലാം കൂടെ എങ്ങനെ ശരിയാകും ൂടെ എങ്ങനെ ശരിയാകുന്നു രണ്ടും കൂടെ ശരിയാകത്തില്ല അപ്പം ഗ്രഹസ്ഥിനെ സംബന്ധിച്ചിടത്തോളം കർമ്മം അവർജനീയമാണ് കർമ്മം അവർജനീയമാണെങ്കിൽ മനസ്സിൽ വക്രഭാവവും വരും യഥാച്ച ഗൃഹസ്ഥാനം ക്രീഡ നിർമ്മാതി നിമിത്തമനോദർജനം ഇനി പറയുകയാണെങ്കിൽ ശരി ഞാൻ ഗൃഹസ്ഥനാണ് ഞാൻ പരമാവധി സത്യസന്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സാധ്യമല്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ തന്നെയും പറയും ഗ്രഹസ്ഥൻ വിനോദങ്ങളിലേർപ്പെടുമ്പോൾ നർമ്മ സംഭാഷണത്തില് ഗ്രഹസ്ഥൻ സമൂഹമായി ഇടകലർന്നു കഴിയുന്ന ആളാണ് അപ്പോൾ അത്തരം വ്യവഹാരങ്ങൾ പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ വരും അവിടെ അനർദം അനർവചനീയം അവർജനീയം ഒരിക്കലും അസ്വത്യത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തഥാ നയേഷ് യഥാ മായ ഗൃഹസ്ഥാനി വയേഷ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു എന്ന് പറയുന്നത് ആരിലാണോ ഗ്രഹസ്ഥന്മാർക്കുള്ളതുപോലെ ഉള്ള മായ ഇല്ലാത്തത് വഞ്ചന അവരുടെ വഞ്ചനയെന്നുവെച്ചാൽ മറ്റുള്ളവരെ ദുരോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന വഞ്ചനയെ ഇവിടെ പറയുന്നു മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ഇവിടെ പറയുന്നു ക്രീഡാനർമാതി നിമിത്തം അങ്ങനെ തമാശക്ക് വേണ്ടി പറഞ്ഞു പറയല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ് കള്ളം പറഞ്ഞു പക്ഷെ തമാശക്ക് വേണ്ടി വരുന്നു അങ്ങനെ തമാശയ്ക്ക് വേണ്ടി എങ്ങനും പറയേണ്ടി വരും അതും ഒഴിയ ഒഴിവാക്കിയവർ നിൽക്കുന്നവരല്ല ലൗകികമായ ബന്ധങ്ങളിൽ നിൽക്കുന്നവരല്ല ഏകാകിയായിരിക്കുന്ന ഏകാഗിത്മാ നിരാശീല എന്നെല്ലാം പറഞ്ഞതുപോലെ അപരിഗ്രഹനായിരിക്കുന്ന ഭിക്ഷു അവന് മാത്രമേ ഇത് ക്രീഡാനർമാതികളിൽ പോലും മല്ലതമില്ലാതെ പറ്റൂ എന്ന് ഭാഷകാലം പറയുന്നു എങ്ങനെ ഈ ഉപാസന ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നതിന് അവനെ അങ്ങനെയുള്ളവനെ കഴിയും അപ്പൊ അവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്ന വ്യവഹാരങ്ങൾ ഇല്ലാതിരിക്കുന്നു ലൗകികമായ ഭൗതികമായ വ്യവഹാരങ്ങൾ പ്രവർത്തികൾ ഇല്ലാതിരിക്കും അവന് ഏകാഗ്രിയായിരിക്കും അപ്പൊ അവനാരോടാ മർമം പറയേണ്ട ആരോടാ അവന് ക്രീഡിക്കേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല ഭിക്ഷു എന്നർത്ഥം ഇത് തത്വജ്ഞാനെ കുറിച്ചെന്ന് പറയുന്നു ഉപാസകനെക്കുറിച്ചെന്ന് പറയുന്നു ആ ഉപാസകൻ തന്നെ ഒരു ഭിക്ഷുവായിരിക്കും ഗ്രഹസ്ഥനായിരിക്കരുത് എന്നുവെച്ചാൽ അങ്ങനെ കർമ്മങ്ങളിൽ ഇടപെട്ടിരിക്കരുത് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അസത്യത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും അത് വരും മായാവിയായ്പൂ എന്നർത്ഥം അപ്പൊ അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളെ മനസ്സിലോ എന്തായാലും കുറേശ്ശെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറേശ്ശെ എല്ലാം ആകാം എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട് സ്വാമിയാണെങ്കിലും കുറച്ച് അത്യാവശ്യമൊക്കെ പറയാം അതുകൊണ്ട് ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതി എന്നൊക്കെ നമ്മൾ പറയും അതല്ല എന്നാണ് ഇവിടെ പറയുന്നത് നർമ്മമായിട്ട് പോലും അസത്യം പറയാൻ പാടില്ല ചെല്ലാണ് വലിയൊരു കാര്യം നേടാൻ നല്ല കാര്യം അതിനു ചെറിയ വക്രതയൊക്കെ ആറാം അതും പാടില്ല ഇവിടെ അങ്ങനെ ഒന്നും ഇവിടെ ചെയ്യാനോ നേടാനോ ഇല്ല ഭിക്ഷുവിനെന്ത് നേടാനാണ് എന്ത് ചെയ്തിട്ട് നേടാനാണ് അതാണ് ഏറ്റവും വിശുദ്ധമായ മാർഗം അതിന് നമുക്ക് കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ കള്ളത്തരങ്ങളെയൊക്കെ നമ്മൾ സ്വയം ന്യായീകരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ കള്ളം പറഞ്ഞിട്ടുണ്ട് നമുക്കും പറയാമെന്നൊക്കെ പറയുന്ന അവിടെയാണ് എന്തുകൊണ്ട് നമ്മൾക്ക് ആ വിശുദ്ധിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് കഴിയുന്നില്ല അപ്പൊ അസത്യത്തെ കൂട്ടുപിടിക്കും അത് നിഷ്പ്രയോജനമാണെന്നാണ് ഇവിടെ പറയുന്നത് മായാ വയ്ക്ക് ഇത് പറ്റത്തില്ല അതാണ് മായ നമ്മ ബഹിരാന്യഥാത്മാനം പ്രകാശ്യ അന്യം കരുതി പുറമേ തന്നെ വേറെ രീതി കാണിച്ചിട്ട് ഉള്ളിൽ മറ്റു രീതിയിൽ ഇരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇവിടെ അദ്വൈതി പറയുന്നു മായ ബഹിരന്യഥാത്മാന മറ്റുള്ളവർ കാണുമ്പോ ആള് വളരെ വിശുദ്ധനും യോഗ്യനും പരമ പവിത്രനുമാണ് അന്യദൈവകാര്യങ്ങൾ ഇതിനുള്ളിൽ മറ്റുള്ളവർക്ക് പാരുപണിഞ്ഞുകൊണ്ടിരിക്കും സമായ മിഥ്യാചാരം എന്ന് പറയുന്നത് ഇതൊന്നും ഗ്രഹസ്ഥനൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഗ്രഹസ്ഥനെന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കും വ്യവഹാരത്തിൽ നിൽക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നു ർക്കും പറ്റത്തില്ല ഇന്നത്തെ നമ്മുടെ വ്യവഹാരങ്ങൾ ആശ്രമം മഠം മറ്റ് ഇത് അവിടെ സാമ്പത്തിക മറ്റുള്ള വ്യവഹാരങ്ങൾ അങ്ങനെയുള്ള വ്യവഹാരങ്ങൾ ഒന്നും ഇരി ഇരിക്കുന്നവരല്ല ഇവിടെ ഭക്ഷു എന്ന് പറയുന്നു അവർക്ക് ഒരുപാട് കള്ളത്തരം കള്ളക്കണക്കൊക്കെ ഒരുപാട് എഴുതേണ്ടി വരും അപ്പൊ അവർക്ക് ഒന്നും ഇത് പറ്റത്തില്ല ഇവിടെ പൂർണമായും ആന്തരികമായ ശുദ്ധി ഉള്ളവന് മാത്രമേ ഈ പറയുന്ന രീതിയിൽ പോകാൻ പറ്റൂ അത് ഇവിടെ ഭാഷകാരം പറഞ്ഞു മായേ ദീവ മായ വഞ്ചന കൊടിലത അസത്യം എന്നെല്ലാം പറഞ്ഞ ഈ ദോഷങ്ങൾ അല്ല എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യം രണ്ടാമത് പക്ഷെ കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഈ ദോഷങ്ങൾ യേശു അധികാരിഷു ബ്രഹ്മചാരി വാനപ്രസ്ഥ ഭിക്ഷിഷു നിമിത്തഭവഅന്നവിദ്യ വിദ്യന്റെ ഞാനീ വിടുക ഞാനീ കുറിച്ചല്ല പറയുന്നു അങ്ങനെ അല്ലാതെയുള്ള ബ്രഹ്മചാരി വാനപ്രസ്ഥൻ ഭിക്ഷു തുടങ്ങിയവരിൽ ഇത് ലേശം പോലുമില്ലെന്നാണ് ഈ പറയുന്ന മായ വഞ്ചന തുടങ്ങിയ കാര്യങ്ങളൊന്നും നിമിത്തം അവന്റെ നിമിത്തമില്ല നിമിത്തം ഇല്ലെന്നുവെച്ചാൽ വ്യവഹാരമില്ല എന്നർത്ഥം അതാണ് ഭാഷ്യകാരന്റെ സങ്കല്പത്തിലുള്ള ബ്രഹ്മചര്യവും വാനപ്രസവും സന്യാസം എന്ന് അങ്ങനെയുള്ള എന്നുവച്ച അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ശങ്കരാചാര്യർ കുറഞ്ഞ സന്യാസമല്ല ഇന്നുള്ളത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഭാഷ ഗാനം സ്പഷ്ടമായും പറയും യേശു അധികാരിഷു ഈ പറയുന്ന ഉപാസ മറ്റും അധികാരി ഉപാസനയ്ക്കും ജ്ഞാനത്തിനുമല്ല ഇത് വരും എന്നാലും ഇവിടെ ഉപാസന പറയണമാണ് പ്രത്യേകിച്ചും ഉത്തരായണ മാർഗത്തിലൂടെ പോയി മുക്തിയെ നേടുന്ന ഉപാസന തിരിച്ചു വരാത്ത ഉപാസന ഇവിടെ തന്നെ പ്രാണോപാസന പറയും അഹങ്കൃഹ ഉപാസന എന്നൊക്കെ പറയും അതിനധികാരിയായിട്ടുള്ള ബ്രഹ്മചാരി അവിടെ ഗ്രഹസ്ഥനെ ഒഴിവാക്കി ഗ്രഹസ്ഥന ഒഴിവാക്കി എന്താ ഗ്രഹസ്ഥനോട് വിരോധം ഉള്ളതുകൊണ്ടാണോ അല്ല ഗ്രഹസ്ഥനും വ്യവഹാരം കൂടുതലാണ് വ്യവഹാരത്തിന് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പോൾ അധികം നമ്മൾ മനസ്സിലാക്കികാരൻ ഗ്രഹസ്ഥന ഒഴിവാക്കിയത് നിമിത്ത അഭാവം അത് അതാണ് നിമിത്തം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ബ്രഹ്മചാരി ആയാലും മാനപ്രശ്നമായാലും സന്യാസി ആയാലും അവർക്കും സാധ്യമല്ല വ്യവഹാരത്തിലാണെങ്കിൽ സത്യ പാലിക്കാൻ പറ്റത്തില്ല മായ വഞ്ചന ഇല്ലാതെ ഒരിക്കലും സാധ്യമല്ല വ്യവഹാരം വന്നോ അതും വരും ഭാഷകാരൻ നമ്മുടെ ഗൃഹസ്ഥനെ ഒഴിവാക്കിയെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ഒഴിവാക്കണം ഭാഷഗാനം പറഞ്ഞ രീതിയിലുള്ള യോഗ്യത ഇന്ന് ബ്രഹ്മചാരിക്കോ വാനപ്രസവത്തിനോ ഭിക്ഷുവിനോ ഒന്നും സാധ്യമുണ്ട് പിന്നെന്ത്ഭവിക്കും ഭാഷഗാനം പറഞ്ഞാലോ പുറമേ യോഗ്യനാണെന്ന് കാണിച്ചിട്ട് അകമേ മറ്റുതൊരു കാര്യങ്ങളൊക്കെ ആകാം നടക്കത്തുള്ളൂ നിമിത്തഭവനവിദ്യന്തേ സാധന അനുരൂപേണേ അതാണ് മുഖ്യമായ സാധനം മഴ ഇല്ലാതിരിക്കുക വഞ്ചന ഇല്ലാതിരിക്കുക സത്യം പാലിക്കുക തമാശയായിട്ട് പോലും കള്ളം പറയാതിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ തേഷാമസോ വിരജോ ബ്രഹ്മലോകോ അവർക്ക് ഈ മാലിന്യ ശൂന്യമായ വിരജമായ രജസ്സില്ലാത്തതായ ബ്രഹ്മലോകം അവർക്ക് പ്രാപിക്കാൻ പറ്റും അപ്പോൾ ആ ബ്രഹ്മലോക പ്രാപ്തി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ അത് മുക്തിയാണ് തിരിച്ചു വരുന്നതാണ് അത് എൻ്റെ മാർഗം എത്രമാത്രം വിശുദ്ധമാണ് എന്നു പറയുമ്പോൾ ആധ്യാത്മികമായ മാർഗം എന്ന് പറയുന്നത് നമുക്ക് കഴിയുമോ അത് അത്യന്തം വിശുദ്ധമാണ് അതിൽ എന്തെങ്കിലും വേണ്ടാതീനങ്ങളൊക്കെ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാതാധ്യാത്മികമാകത്തില്ല എന്നർത്ഥം അത് വിശുദ്ധിയെ വിശുദ്ധമായിട്ട് തന്നെ എടുക്കും ഇതാണ് കർമ്മ സമുച്ഛയം എന്ന് പറയുന്നത് ഞാനൊന്നു വെച്ച ഉപാസനം അപ്പോ ചോദിക്കും എന്താണ് ഞാൻ പ്രയുക്ത കർമ്മത ഞാൻ ആ കർമ്മ ഉപാസന ഇപ്പൊ ശരി അപ്പൊ പിന്നെ എന്താ ഇവിടെ പറയുന്ന ബ്രഹ്മചാരി വാനപ്രസ്ഥൻ ഭിക്ഷൻ അവർക്കെന്താ കർമ്മം എന്ന് ചോദിക്കും ഇവിടെ പറയുന്നു കർമാത്ര തത്തതാശ്രമധർമ്മേദി മനസ്സിലാക്കിയിരിക്കും ബ്രഹ്മചാരി വനപ്രസൻ ഭിക്ഷു എന്നിവർക്കും കർമ്മങ്ങളുണ്ട് എന്താണ് പറയുന്നു ആശ്രമധർമ്മങ്ങൾ ആ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് അവർ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങൾ അതാണ് അവരുടെ ആശ്രമധർമ്മം എന്ന് പറയുന്നത് ഗ്രഹസ്ഥനെ വിടുക ഗ്രഹസ്ഥന് വേറെ ഒരുപാട് കർമ്മങ്ങളുണ്ട് മറ്റു കർമ്മങ്ങളല്ല ആഗ്രഹത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബ്രഹ്മചാരി വാനപ്രസൻ ഭിക്ഷുവിന് അവിടെ ഇരു കാരണം ഉപാസകനാണോ ഉപാസകരായവരെ കുറിച്ചാണ് പറയുന്നത് തത്വജ്ഞാനെ കുറിച്ചല്ല അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ടതായ ആശ്രമം ഇപ്പം ബ്രഹ്മചര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വാധ്യായം ശുചിത്വം തുടങ്ങി കാര്യങ്ങൾ പറയുന്നുണ്ട് സ്മൃതികളിലും മറ്റും അപ്പം ഇത്തരം ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് അവരുടെ കർമ്മം അതോടൊപ്പം ഉപാസന വാനപ്രശ്നം അന്ന് അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് മനസ്മൃതി പോലെയുള്ള സ്മൃതികളിലൊക്കെ പറയുന്നുണ്ട് എന്നാല കർമ്മം ചെയ്യണമെന്നൊക്കെ അപ്പോൾ അത് അപ്പം അവിടെ കർമ്മം ഇല്ലാതല്ല പക്ഷേ ഗൃഹസ്ഥന്റെ വ്യവഹാരമുണ്ട് മായെ വഞ്ചനയെ ഒഴിവാക്കാൻ കഴിയാത്ത ലൗകിക വ്യവഹാരമുണ്ട് ഇതാണെന്ന് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് ഇന്ന് ബ്രഹ്മചാരിയും ഭിക്ഷുവെല്ലാം ലൌകിക വ്യവഹാരത്തിൽപ്പെടുന്നു ലൗകിക വ്യവഹാരത്തിൽപ്പെടുമ്പം സ്വാഭാവികമായിട്ടും ആ വ്യവഹാരം അത് അതുകൊണ്ട് വരുന്ന അശുദ്ധിയും അവരിൽ വരുന്നു അവര് യാഥാർത്ഥ്യമാണ് നമ്മൾ എത്രയൊക്കെ കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും ശരി അതൊരു സത്യമാണ് അതിന്റേതായ ദോഷങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഭാഷകാരൻ അന്ന് പ്രത്യേകിച്ച് ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിക്കും അവരുടെ ആശ്രമത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങളെ പാടുള്ളൂ മറ്റൊന്നും ചെയ്യാൻ പാടുള്ളൂ മറ്റു ധർമ്മങ്ങൾ ചെയ്യേണ്ട ആരായിരിക്കണം ഗ്രഹസ്ഥൻ അങ്ങനെ വേർതിരിച്ചു അപ്പൊ ആശ്രമധർമ്മം എന്നുള്ളതൊക്കെ ബ്രഹ്മചാരിക്ക് മറ്റും പറഞ്ഞിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ സുഖമാണല്ലോ ഭക്ഷണം മതിയെല്ലാം വിചാരിച്ചു അങ്ങനെയല്ല അശ്രിമധർമ്മെന്നുണ്ട് ചെയ്യേണ്ടത് അതെല്ലാം എളുപ്പമാണ് ആ ലോക വ്യവഹാരങ്ങൾ ചെയ്യുന്നതും എളുപ്പമാണ് സാമർഥ്യമുള്ളവർക്ക് ചെയ്യാം പക്ഷേ ഇവിടെ പറയുന്ന സത്യം ഇതൊക്കെ പാലിക്കാവുന്ന വളരെ ക്ലിഷ്ടമാണ് നമ്മുടെ അനുഭവത്തിൽ തന്നെ അറിഞ്ഞു അത് വളരെ പ്രയാസമുള്ള അസത്യം പറയുക എത്ര എളുപ്പം വഞ്ചന കാണിക്കുക എത്ര എളുപ്പം പക്ഷെ അതില്ലാതിരിക്കുക സത്യത്തിൽ തന്നെ നിൽക്കുകയെന്ന് പറയുന്നത് വളരെ ക്ലേശകരമായൊരു കാര്യമാണ് ആ ക്ലേശകരമായ അതിൽ നിൽക്കുന്നതിന് വേണ്ടി പറഞ്ഞു ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ മാനപ്രസൻ അവരുടെ സത്വജ്ഞാനി വിടണം അവരുടെ ആ ഇവിടെ പറയുന്ന ഉപാസകന്മാരെ കുറിച്ചാണ് അതും മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് സത്യം വേണ്ട നീക്കുക എല്ലാവർക്കും വേണ്ടതാണ് എന്നാണ് ഇവിടെ ഉപാസകനെ കുറിച്ച് പറയും വൈദികമായ ഉപാസനകൾ അല്ലെങ്കിലും ഇന്നും മനുഷ്യന്റെ ഇടയിൽ ഉപാസനകളൊക്കെയുണ്ട് ദേവതാരാധനയും മന്ത്രതന്ത്രങ്ങളും ഒക്കെ ഉപാസനകളാണ് പക്ഷെ ആ ഉപാസനയിൽ ഇരിക്കുന്നവരതായാലും ശരി അവർക്ക് ഈ അമായാവിത്വം തുടങ്ങിയ ധർമ്മങ്ങൾ അവരുടെ ഉണ്ടായിരിക്കണം കൂടിയേ തീരൂ എന്നു അതുകൊണ്ട് ഭാഷകാരം പറഞ്ഞു അതിന് ആ സത്യം പാലിക്കുന്നതിന് പ്രയാസമായതുകൊണ്ട് നിങ്ങൾ അത്തരം വ്യവഹാരങ്ങൾ ഏത് വ്യവഹാരങ്ങളാണോ അസത്യത്തെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അത്തരം വ്യവഹാരങ്ങൾ ഒഴിവാക്കുക രണ്ടും കൂടി പോകത്തില്ല ഒരിക്കലും അതിവിടെ പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അനുഷ്ഠിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ കേവല കർമ്മികൾക്ക് ചന്ദ്രൻ ലോകം ഭാർഗവോ ഭഗവത് കത്തിവദേ പ്രിധാരയന്ത് കത്തിയുനേഷം വലിഷ എോ വാരഗ്നിപ്പഹ പൃഥി വാങ്മനച്ചക്ഷോത്രം താശ്യഭിവതേ വയം എന്താണവഷ്ടഭ്യധാരയാ താൻമരിഷ പ്രാണവാച മാോഹമാപ അഹമേവേത പഞ്ചാ ആത്മാനം പ്രവിഭജ്യ ഏതത് ബാണം അവിഷ്ടഭ്യതാരയാമീതി അശ്രദ്ധാ ബഭൂ സോ ഊർദ്ധമുരമുക്മതി അഥ ഇതരേ ഉക്രാമന്ത് തെൻച്ച പ്രതിഷ്ഠമാനിവ പ്രതിഷ്ടേ തക്ഷി മധുതരരാജ്രാമന്ദം सर्वाएव सर्वाएव तस्मिन्स्था സർവാ ഉക്രാമന്ത് തക്ഷ സർവേ പ്രതിഷ്ഠം വാഗ്മക്ഷു ശ്രോത്രം ചേ പ്രീതം तपते श पजन्य मखवान्युरषा पृथिवीर दिव समृतमचरथनासो यजों ത്രംബ്രജപതിശരസി ഗർ ത്മേവതിജാസേ തുഭ്യം പ്രാണ പ്രിമാനിൽംഹരന്തിയണൈ പ്രതിഷ്ടേ അസിത പത്രൂ പ്രഥമാ സ്വീന ചരിതം സത്യം അഥർവംഗിരസ്രസ്വം പ്രണ തേജസ രുദ്രോസി പരിരക്ഷിതീക്ഷേ ചരസി സൂര്യ തം ജ്യോതിഷാ പതിയ प्राणते कामाया एकशी അഥ विश्वस्य പ്രാമാവിഷ്യന്താഹേശീ वयम् ആദ്യ ദം മാതൃശ്യാതേ തനൂർവാചി പ്രതിഷ്ഠാ ശ്രോത്രേ യാ ചുഷീ ാ ചനസി സന്തത ശിവാം താങ് കുരു മോത്ക്രമീ പ്രാണസംബസേ ്രതിരക്ഷസ്വ ശ്രീ രണ്ടാമത്തെ പ്രശ്നം ഇത് പ്രാണ ഉപാസനയെ സംബന്ധിച്ചുള്ള കാര്യമാണ് മുമ്പ് വന്നിട്ടുള്ളതാണ് അതായത് ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും ആത്മാവിനെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ മുമ്പ് വന്നിട്ടുണ്ട് പ്രാണസംവാദം എന്ന് പറയും പൊതുവെ ഇന്ദ്രിയങ്ങൾക്കും പ്രാണനെന്നുള്ള ശബ്ദം ഉപയോഗിക്കും ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ശരീരത്തെ ഏത് ദേവതയാണ് നിലനിർത്തുന്നത് അതിൽ തന്നെ ആ ദേവതകളിൽ ആരാണ് ഈ ശരീരത്തിന് മുഖ്യമായി നിലനിർത്തുന്നത് ഇതിലാരാണ് പ്രധാനമായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതിന് സമാധാനമായിട്ട് പറയുമ്പോൾ മുഖ്യം എന്ന് പറയുന്ന ആത്മാവ് പക്ഷെ ഇവിടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അവരിൽ തേ പ്രകാശ അഭിപതന്തി വയം ഏതദ് ബാണം അവഷ്ട് ബാണം എന്നോട് പറഞ്ഞ ശരീരമാണ് ഈ ശരീരത്തെങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വിചാരിക്കും ഞങ്ങളാണ് മുമ്പ് അടുത്ത് വന്നതാണ് അപ്പം അവരോട് പ്രാണൻ പറയാൻ മുഖ്യനായിരിക്കുന്ന പ്രണൻ പറയും നിങ്ങളങ്ങനെ വെറുതെ മൂഢന്മാരാകരുത് ഞാൻ സ്വയം എന്നെ അഞ്ചായി പതുത്തുകൊണ്ട് നിലനിർത്തുന്നതു കൊണ്ടാണ് ഈ ശരീരവും നിങ്ങളും എല്ലാം ഇതിൽ നിലനിർത്തുന്നത് അത് വേണമെങ്കിൽ ഇപ്പം ബോധ്യപ്പെടുത്തരാന്ന് പറഞ്ഞിട്ട് പ്രാണൻ പതുക്കെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് വിടാൻ തുടങ്ങും വിടാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ഭയവിഫുലരാകും ഭയവിഫുലരായിട്ട് കാരണം എല്ലാവർക്കും ആർക്കും പിന്നെ ഈ ശരീരത്തെ സ്ഥിതി ചെയ്യാൻ കഴിയത്തില്ല അതാണ് ഇവിടെ പറയുന്നത് തസ്മിൻ ഉക്രാമ ഉക്രാമതി അത ഇതര് സർവൈവ ഉക്രാമന്തേ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി അവർ ശരീരത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ പ്രാണനങ്ങോട്ട് ചാടാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ഇതിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോവുകയാണ് ഉടനെ എന്തു ചെയ്യും പ്രാണൻ പതുക്കെ അവിടെ അങ്ങേരിക്കും തസ്മിൻ ശ പ്രതിഷ്ഠമാനെ തിരിച്ച് അവിടെ ഇരിക്കുമ്പോൾ സൈവ എല്ലാവരും ഉറച്ചിരിക്കും അതിനൊരു ദഹൻ പറഞ്ഞിട്ട് യഥാ മഷി കാഹുതര രാജാനന്ദ വിക്രാമന്ദൻ സർവായ വിക്രാമന്ദേ തേനിച്ച കൂട്ടം എങ്ങനെയാണോ അതിന്റെ രാജാവിന് രാജാവെന്ന് പറഞ്ഞാൽ പണ്ട് രാജാവെന്ന് പറഞ്ഞു നമുക്കറിയാം റാണിയെന്ന് എങ്ങനെയാണോ റാണിയുടെ പിറകെ പോകുന്നത് അതുപോലെ എല്ലാവരും കൂടെ വിട്ടു പോകും അതുപോലെ പറാണനാകുന്ന ഈ റാണിയുടെ പിറകെ ശരീരമാകുന്ന ഈ കൂടിനെ വിട്ടിട്ട് ഇന്ദ്രിയങ്ങളാകുന്ന ഈ തേനീച്ച കൂട്ടം പോകുന്നു എന്നാണ് അത് ഏതെങ്കിലും വേറൊരു കൂട്ടിപ്പോയിരിക്കുമ്പോൾ അതാണ് പ്രാണൻ ഈ ശരീരത്തെ വിട്ട് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ശരീരം കൊണ്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അവിടെ പോയിരിക്കും അപ്പോൾ ഇവിടെ ആരാ മുഖ്യം പ്രാണനാണ് അതാണ് ഏവം വാങ് മന ചക്ഷുശ്രോത്രം ജത്യ പ്രീതഹ പ്രാണസ്തുവന്തി മന്ത്രമാണ് അപ്പോ രണ്ടാമത്തെ ചോദ്യത്തില് നാലാമത്തെ മന്ത്രം അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമായി പ്രാണനാണ് നമ്മളുടെ ശ്രേഷ്ഠ നമ്മളെല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് സ്തുതിക്കുന്നു അവസാനം വരെ പിന്നെ ഇതിലുള്ളത് മുഴുവൻ ഈ പ്രാണന്റെ സ്തുതിയാണ് എന്താണ് നീയാണ് ഇന്ദ്രിയൻ നീയാണ് സൂര്യൻ നീയാണ് ചന്ദ്രൻ നീയാണ് നീയാണ് വായു നീയാണ് പൃഥ്വി നീയാണ് അത്താവ് നീയാണ് അന്നൻ നീയാണ് സൂര്യൻ നീ ഇങ്ങനെ പ്രാണനെ അങ്ങോട്ട് സ്തുതിക്കുക അങ്ങനെ സ്തുതിക്കുന്നത് എന്താണ് സത് അസ അമൃതം ചെയ്ത് ഈ സ്തുതിയാണ് പ്രാണ ഉപാസന എന്ന് പറയുന്നത് പ്രാണനെ അങ്ങനെയാണ് ഉപാസിക്കേണ്ടത് പ്രാണനെ സർവ ശ്രേഷ്ഠമായി ഉപാസിക്കുക പ്രാണനെ സർവാത്മാവായി ഉപാസിക്കുക ധ്യാനിക്കുക അപ്പോൾ ആ ഉപാസന അല്ലെങ്കിൽ ആ ധ്യാനത്തിനുവേണ്ടി ഇപ്പോൾ പ്രാണന ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉപാസിക്കുന്നതിനൊരു രൂപം വേണ്ട ഇപ്പം ദേവനെ ഉപാസിക്കുന്നു എന്നൊരു ഉപാസിക്കുന്നതിന് എന്താ രൂപം പറയുന്നത് ദേവന്റെ ശിരസ് എങ്ങനെയാണ് കണ്ണെങ്ങനെയാണ് മൂക്കെങ്ങനെയാണ് കൈ അങ്ങനെയാണ് നഖങ്ങൾ വരെ അങ്ങനെയാണെന്ന് പറയും അതാണ് ഉപാസന ധ്യാനിക്കുന്നത് അതുപോലെ പ്രാണനെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ അഞ്ചാമത്തെ മന്ത്രം അവസാനം വരെ പതിമൂന്നാമത്തെ മന്ത്രം വരെ പ്രാണൻറെ ഉപാസനയാണ് ഉപാസിക്കാൻ താല്പര്യമുള്ളവര് ഇത് ഏതെങ്കിലും വ്യാഖ്യാനം എടുത്ത് വായിച്ച് മനസ്സിലാക്കിട്ട് ഇന്ന് തന്നെ ഇത് രണ്ടാമത്തത് മുമ്പ് തുടക്കത്തിലെ നമ്മൾ ചർച്ചയിൽ ഇപ്പോൾ വന്നു ഇത് രണ്ട് ഉപാസനയാണ് അടുത്ത മൂന്നാമത്തെ പ്രശ്ന അധഹേനം കൗസലിശ ആശ്വല അപ്രസ്ഥ ഭഗവൻ കുത ഏഷ്പ പ്രണോ ജാതെ കഥം ആയാതി അസ്മരീരേ आत्मान वा प्रविभ्य कथम प्राति क्रमते कत बाह्यम अभिधत्ते कथम, कथम अध्यात्मी तस्म सह उवाच अति प्रश्ना पृछसी ब्रमिष्ठ तस्ब्रवी जायते, ആത്മനേ मनो ജാതെ യഥാഷ പുരുഷേ शरीरे, എതാ सम्राट ആയാതി അമിശരീരേ സമ്രാട് एतान ഗ്രാമാൻ തിഷ്യേതിഷ പ്രാണിതരാൻപാണ പൃഥക് പൃഥക്വ സിദ്ധത്തെ വായൂപസ് അപനം കക്ഷോത്രേ മുഖനസികാഭ്യം പ്രാണ സ്വയം പ്രതിഷത്തെ മധ്യേതമാനേത ഭൂത്തയതി തസ് ഏത സിഷോ ഹൃദയേഷ ആത്മാ അത്ര ൈകം ദ്സ പ്രതി ശീസഹസ്രാതി ആശുബ്യാസ്ഥരതി അഥ എക ഊർധം ഉത്തന പുണ്യ പുണ്യം ലോകം നയതി പാപേന പാപം ഉപാഭ്യമേവ്യലോകം ആദിത്യൂഹ വൈ ബാഹ്യപ്രാണ ഉദയത്തി ഈഷഹ്യേനം ചക്ഷുഷം അനുഗൃണ പൃഥി ദൈഷ പുരുഷസ് അപാനവ്യന്തരാ യനോ വായുവ്യേജോ ഉദാ പശാദത്തെ മനസി സമ്പിട്ടയാതിജസു സത് യഥൽപ്പതം ലോകം നയതിയ വിദ്വൻ പ്രാണം വേദ നീയത്തെ അമൃതോഭവതിലോകം വിഭവം ചൈ പഞ്ചാമം ചൈവണ അമൃതം അശ്വിനേ വിജ്ഞായ അമൃതം അശ്വിനത്തെ ഇതേ ഇവിടെ പ്രാണോപാസനെ കുറിച്ച് മുമ്പ് പറഞ്ഞ സ്തുതിയുടെ ബാക്കി ഭാഗമായിട്ട് വരുന്ന ഇതെല്ലാം പ്രാണോപാസനെ കുറിച്ച് പറയുന്നു അതിന്റെ ഫലം പറഞ്ഞു എന്താണത് അമൃതത്വമാണോ ഇപ്പൊ പ്രാണനെ കുറിച്ച് പറയുമ്പോൾ പ്രാണനാണ് ഓരോ ജീവനിലും പ്രത്യക്ഷമായിരിക്കുന്നത് പറഞ്ഞു ഇന്ദ്രിയങ്ങളെയെല്ലാം ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് പ്രാണനാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൗസല്യൻ ആശ്വരായനൻ ചോദിക്കുകയാണ് യേശ്രാണോ ജായത്തെ നേരത്തെ ചോദിച്ചെന്നാണ് ഈ പ്രജകളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നത് ഇവിടെ ചോദിക്കുന്നതെന്ന് ഈ പ്രാണൻ എവിടെ നിന്നുണ്ടാകുന്നത് എങ്ങനെ ഈ ശരീരത്തിൽ ആത്മാനം വാപ്ര വിഭജ്യ കഥം പ്രാതിഷ്ഠത്തെ ഈ ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ അതാത് സ്ഥാനത്ത് നിലനിർത്തി തന്നെ തന്നെ പ്രാണപാന ഉദാന സമാന വ്യാനരൂപത്തിൽ വിഭജിച്ച് എങ്ങനെ നിലനിൽക്കുന്നു പിന്നെങ്ങനെ ഉത്ക്രമണം സംഭവിക്കുന്നു എന്നുവെച്ചാൽ മരണസമയം ഇതെല്ലാം ഉപാസകന്റെ ചിന്തയുടെ ഭാഗമാണ് ഭരണസമയത്ത് എങ്ങനെയാണ് ഈ പ്രാണൻ ഈ ശരീരം വിട്ടുപോകുന്നത് അതിനാണ് ഉക്രമണമെന്ന് പറയാൻ കഥ്യം എങ്ങനെ ഈ ശരീരത്തെ ധാരണം ചെയ്യുന്നു ബാഹ്യമായ സ്ഥൂലമായ ശരീരത്തെ എങ്ങനെ ധാരണം ചെയ്യുന്നു ഈ സ്ഥൂലമായ ശരീരത്തിൽ അനുശൂതമായിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന അസൂക്ഷ്മ ശരീരത്തെ ഈ പ്രാണൻ എങ്ങനെ ധാരണ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സമാധാനം പറയുന്നത് ചിന്തിക്കുന്നതാണ് ഉപാസനം അതിനെ ധ്യാനിക്കുന്നതാണ് പ്രണവോപാസം അതിന് സമാനമായിട്ട് പറഞ്ഞു എന്താണ് ലക്ഷ്മി സഹോജാദിപ്രശ്ന ഈ കുറച്ച് കടന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുവെച്ചാൽ മറ്റു രണ്ടുപേര് ചോദിച്ചതിൽ നിന്ന് സൂക്ഷ്മമായ ചോദ്യത്തെയാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ഈ പ്രജകളെങ്ങനെ ഉണ്ടാകുന്നു സ്ഥൂലമായൊരു കാര്യമാണ് ആർക്കും ചോദിക്കാവുന്നുണ്ട് കുറച്ചുകൂടി അടുത്ത് വന്നപ്പോൾ എന്തായി അതിൽ നിന്ന് വിട്ട് ഇന്ദ്രിയങ്ങളിലേക്ക് പോയി അതിനെയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് പ്രാണനിലെത്തി അതിൽ നിന്നും കുറച്ചുകൂടി മൂന്നാമത്തെ ചോദ്യ കർത്താവ് പിന്നിലേക്ക് പോയി ശരി പ്രാണൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നു അപ്പം അതുകൊണ്ട് അയാളെ പ്രശംസിച്ച് വരുന്ന അതിപ്രശ്നാന് പ്രശസ്സി കടന്ന ചോദ്യം നീ ചോദിക്കുന്നു വളരെ സൂക്ഷ്മമായ ചോദ്യമാണ് നീ ചോദിക്കുന്നത് സാരമില്ല ബ്രഹ്മിഷ്ട്രഹ്മിഷ്ഠനാണ് എന്ന് വെച്ചാൽ വേദത്തിൽ നിന്നിഷ്ഠള്ളവനാണ് വേദത്തിലെ കർമ്മങ്ങളെ കുറിച്ചും ഉപാസനകളെ കുറിച്ചും എല്ലാം അറിവുള്ളവനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല നിന്റെ ബുദ്ധി കൂടുതൽ സൂക്ഷ്മമായിരിക്കുന്നു പറയുന്നു അന്വേഷണം പ്രശ്നാൻ അതിക്രാന്താൻ അന്യതീയ പ്രശ്ന അഗോചരൻ സൂക്ഷ്മ പ്രശ്നാൻ പൃഷ്ടവ്യർത്ഥാന് പറയുന്നു ഇനി എനിക്കും പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ശേഷിക്കുന്നു ശരിയായ കാര്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ ശരിയായ ചോദ്യം വന്നാലേ പറ്റും ഉത്തരം ചോദ്യത്തെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് അതിസൂക്ഷ്മമായ ചോദ്യങ്ങൾ നീ ചോദിക്കുന്നത് എനിക്കും ഇനി സൂക്ഷ്മമായ കാര്യങ്ങൾ നിന്നെ ബോധിപ്പിക്കുന്നതാണ് പ്രാണനിൽ നിന്ന് നേരെ ആത്മാവിലേക്ക് പോകുന്നു തിരക്കേടില്ല നീ ബ്രഹ്മിഷ്ടനാണ് തസ്മ ദേഹം ദ്രവീമി നിവേദ രഹസ്യങ്ങളൊക്കെ അറിയുന്നവനാണ് അതുകൊണ്ട് നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അത് നേരിട്ട് തന്നെ പറയുന്നു അടുത്ത പ്രാണോപാസനകളിലേക്കൊക്കെ പോകുമെങ്കിലും പറയാനുള്ള കാര്യം നേരിട്ട് പറയുന്നു ഇതെല്ലാം മുണ്ടകവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ മനസ്സിൽ ഇരിക്കുന്നു അല്ല ഇതിന്റെ പറയുന്നുണ്ട് ഏത് ഭാഗം മുണ്ടകത്തിലെ ഏത് ഭാഗത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് വ്യാഖ്യാനങ്ങളിൽ പറയുന്നുള്ളത് ആത്മനായ പ്രാണവചായതെ നേരിട്ടെന്ന് പറഞ്ഞു ഈ പ്രാണൻ ആത്മാവിൽ നിന്ന് പ്രകടമാകുന്നു ആത്മാവിലാണ് ഇത് പ്രകടമായിരിക്കുന്നത് ശ്രോതാവ് പ്രാണനെ സാക്ഷാത്കരിക്കുന്നത് തന്നെ തന്നെയാണ് താനെന്ന് പറയുന്നത് പ്രാണനും ആധാരമായിരിക്കുന്ന സ്വരൂപമാണ് സച്ചിദാനന്ദ സ്വരൂപമാണ് സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന തന്നിലാണ് ഈ പ്രാണൻ പ്രകടമാകുന്നത് എന്നുള്ള ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു ആത്മനേശായ അത് എങ്ങനെ ഏതുപോലെ പറയുന്നു യഥാ യേശ മനോ പ്രത്യേക അയാദി അസ്മിൻ ശരീര എങ്ങനെയാണോ ഈ ശരീരത്തിൽ നിഴല് ശരീരത്തിന്റെ നിഴിന്റെ പ്രത്യേകത എന്താണോ ഒരിക്കലും നമുക്ക് ആ നഴിന്റെ അടുത്ത് അങ്ങോട്ട് മാറ്റിവെക്കാൻ പറ്റത്തില്ല ശരി എന്റെ ശരീരത്തിന്റെ ഈ നെഴില് എന്ന് പറയാൻ പറ്റത്തില്ല ശരീരത്തിൽ നിന്ന് നിഴലിനെ എത്ര മിടുക്കനായ എത്ര കഴിവുള്ളവനായ ഗുരുവൻ വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല അത് ശരീരത്തിനോട് ചേർന്നേയിരിക്കും അതാണ് അതാണ് ഇവിടെ പറയുന്നേഷ പുരുഷേ ഛായ ഏതസ്മിൻ ഏത് ആദതം അതുപോലെ ഈ പ്രാണനും എപ്പോഴും ഈ ആത്മാവിനൊപ്പോൾ ജനനത്തിലും മരണത്തിലും ഉത്ക്രമണത്തിലും എല്ലാം അത് ആത്മാവിനോടൊപ്പമുണ്ട് പക്ഷെ സാധാരണ പറയുമല്ലോ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുക അത് നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമാണ് അങ്ങനെ മുക്തമായിരിക്കുന്ന ആത്മാവിനെങ്ങനെ അച്ഛായ പോലെ ഇത് വന്നത് അതുപറയുന്നു ഏതാത്വം മനോഹൃതേന അയാസ്മിൻ ശരീരേ അതിവിടെ ഈ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്താണ് നിന്റെ തന്നെ സങ്കല്പവും മറ്റും കൊണ്ട് തന്നെ സങ്കല്പമെന്ന് പറഞ്ഞാൽ ജന്മത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഉള്ള നിന്റെ സങ്കല്പം ജന്മ മരണങ്ങൾക്കിടയിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം ആ ജീവിതത്തിൽ നടക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം പാചികവും കായികവും മാനസികവുമായിട്ടുള്ള കർമ്മത്തെക്കുറിച്ചുള്ള ധാരണകൾ അപ്പോൾ ആ സങ്കല്പത്തിലൂടെയാണോ നിന്നോടൊപ്പം ഈ പ്രാണൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വിട്ടുകഴിഞ്ഞാൽ അത് ഉത്ക്രമിച്ച് വേറെടുത്ത് പോകുന്നത് കാരണം അതിന്റെ സങ്കല്പം നിന്റെ ഉള്ളിലുണ്ട് ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള സങ്കല്പമുണ്ട് സഖ്യദാനന്ദ സ്വരൂപനാണെന്നുള്ള സങ്കല്പം തന്നിലില്ല ഇല്ലാത്തിടത്തോളം കാലം ഒരു നെളുപോലെ ഇത് നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുവരെ നീ ഒരു ജീവഭാവത്തിലിരിക്കും ആ ജീവഭാവത്തിൽ നിന്നിൽ ജനനമരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ആ ജീവഭാവത്തിൽ നിന്നിൽ ഈ പ്രാണവ്യാപാരം സംഭവിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇവിടെ പ്രാണനുള്ള പ്രാധാന്യം അത് പരമാർത്ഥമായ തത്വബോധം ഉണ്ടാകുന്നതുവരെ ഉള്ളു ീ പ്രാധാന്യം അതാണ് മനോഹൃതേനായാതി അതുകൊണ്ട് എന്തു ചെയ്തു നീ നിത്യശുദ്ധ മുക്തസ്വരൂപനാണെങ്കിലും അതായ ശരീരത്തിൽ വന്നിരിക്കുന്നു പ്രാണൻ അതാണ് പറയുന്നത് ഞാൻ മറ്റേ ശരീരത്തെ വിട്ടിട്ട് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നു നീ ശരീരത്തെ വിട്ട് വേറെ ശരീരത്തിൽ പോകും ഇതെല്ലാം മനോവൃതമാണ് മനസ്സങ്കല്പം കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ പ്രാണബന്ധം ആ പ്രാണബന്ധത്തെയാണ് ജന്മം എന്ന് പറയുന്നത് ആ പ്രാണബന്ധത്തിന്റെ താത്കാലികമായ വിച്ഛേദമാണ് മരണം അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഈ ശരീരത്തിൽ വന്നിരുന്നിട്ട് പറയുന്നത് യഥാ സമ്രാട്ട് അതിപ്രതാൻ വിനിയുക്തി ഏതാൻ ഗ്രാമാൻ ഏതാൻ ഗ്രാമാൻ അതിഷ്ട സ്വ യേശ്രാണ ഇതരാൻ പ്രാണാൻ പൃഥക് പൃഥക്േ പ്രാണൻ സദാ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം പോലും രാവും പകലും ജാഗ്രതത്തിലും സുഷൃത്തിയിലും എല്ലാം ഇവിടെ അത് വിശ്രമമില്ലാതെ പണിയെടുക്കുക എന്താണ് അതെന്താ ചെയ്യുന്നത് വിനിയുക്തേ ഓരോരുത്തരെയും ഓരോ പ്രവൃത്തിയിൽ സദാ നിയോഗിക്കുന്നു കണ്ണിനോട് പറയുന്നു നിയ ചക്ഷു എന്ന് പറയുന്ന ഗോളകത്തിൽ പോയിരിക്കുക ചെവിയോട് പറയുന്നു ഇനി അവിടെ ചെവി എന്ന് പറയുന്ന ആ ഗോളോകത്തിൽ പോയിരിക്കുകയോ തുക്കെന്ന് പറയുന്ന ഗോളോകത്തിലിരിക്കുകയോ സ്പർശനേന്ദ്രിയത്തോട് പറയുന്നു അവിടെയെല്ലാം ഇരിക്കാൻ പറയുക മാത്രമല്ല അവരെല്ലാം അവിടെ ബലം പ്രയോഗിച്ചിരുത്തുകയും ചെയ്യുന്നു എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ണു കാണാൻ പറ്റത്തില്ല ചെവി കേൾക്കാൻ കഴിയത്തില്ല അപ്പൊ പ്രാണന് സദാ ജോലിയാണെന്നാണ് ഇവരെല്ലാം ഇവിടെ പിടിച്ചിരുത്തുക എവർക്കെന്താണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താലേ അവരവിടെ ഇരിക്കത്തുള്ളൂ ബ്രാഞ്ച് മാനേജർമാരെ പോലെ എന്തെങ്കിലും സൗകര്യം കുറഞ്ഞാൽ അവര് ഹെഡ് ഓഫീസിലേക്ക് പോരും ഇവിടെ പറ്റത്തില്ല എന്ന് അപ്പോൾ ഓരോ സ്ഥലത്തും അവരെ നിർബന്ധമായി പിടിച്ചെടുത്തു അധികൃതൻ വിനിയുക്തി ഏതുപോലെ പറയുന്നു ഒരു രാജാവ് പറയുന്ന പോലെ ഏതാൻ ഗ്രാമാൻ ഏതാൻ ഗ്രാമം അതിഷ്ടസ്വ പണ്ട് ഒരാളെ തന്റെ ഒരാശ്രിതനായ ഒരു പ്രമാണെ വിളിച്ചിട്ട് പറയും ശരി നീ ഈ ഗ്രാമത്തിന്റെ എല്ലാ ചുമലയും നോക്കി അന്ന് പഞ്ചായത്തും പഞ്ചായത്തും പ്രസിഡന്റും ഒന്നുമില്ല രാജാവ് നിശ്ചയിക്കുകയാണ് നീ ഈ ഗ്രാമത്തിന്റെ ചുമതല വേറെ ആളെ വിളിച്ചു പറയും ഈ ഗ്രാമത്തിൻ്റെ ചുമതല നിനക്കാണ് എന്ന് പറയുന്നത് ഈ പ്രാണൻ ഓരോ ഇന്ദ്രിയങ്ങളെയും പിന്നെ അടുത്തു പറയും അപാനൻ ഒക്കെ ഈ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് വളരെ കർശനമായിരുത്തുന്ന വലിയൊരു ജോലിയാണുള്ളത് അതുകൊണ്ടാണ് കുറച്ചു കാലം ഇങ്ങനെ ഈ ഒരു ശരീരം കൊണ്ടു കടക്കാൻ ഒരു ജീവന് പറ്റുന്നത് അപ്പം ഈ പ്രവൃത്തിയിൽ ഒരു മടുപ്പ് തോന്നുമ്പോൾ മടുപ്പ് തോന്നുന്നു മാത്രമാണ് പ്രാണനും മടുപ്പ് തോന്നാറില്ല തന്റെ ഇരിപ്പിടം ശരിയാകുന്നില്ല എന്ന് ഇവർ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങും ഇവിടെ ഇനി കൂടുതൽ കാരണം ഇരിക്കാൻ പറ്റത്തില്ല ഇത് ശരിയാകത്തില്ല മാറ്റിത്തരണം ഇന്ന് പറയും ഈ ബ്രാഞ്ച് ഇത് ശരിയാകില്ലാന്ന് പറയാറില്ല വേറെ ഏതെങ്കിലും നല്ല ബ്രാഞ്ച് വരുമാനമുള്ള ബ്രാഞ്ച് കിട്ടണം എന്ന് പറയുന്നത് പോലെ പറയും ഇത് വേണ്ട ഇത് കേടായി കണ്ണ് കേടായി തുടങ്ങി ചെവി കേടായി തുടങ്ങി തൊക്ക് കേടായി തുടങ്ങി എന്ന് പറയുമ്പോൾ പ്രാണനും ചിന്തിക്കും ഇനി അവരെ ഇവിടെ പിടിച്ചെടുത്താൻ വലിയ പാടാണ് ഇവരെ ഇനി നമ്മുടെ കസ്റ്റഡി കിടക്കണമെന്നുണ്ടെങ്കിൽ വേറെ ബ്രാഞ്ച് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ചാടിപ്പോകും അപ്പോൾ ശരി എല്ലാം ഉപേക്ഷിക്കുന്നു എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നു ഇതാണ് പ്രാണന്റെ പ്രാമുഖ്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വിശദീകരിക്കുന്നത്